Thank <laughs> you. സബ് ജീസ് ഗുവാസ്ഥി സ്ഥാന പ്രാപ്ത സൗദി ഏഷ്യ അടുത്ത പറയുന്നത് എത്ര പരിദയവനം ഒഴിവിലും വരെയാണ് ദുഃഖിക്കരുത് ദുഃഖിക്കുക മാത്രമല്ല അതിനെ ദുഃഖിച്ചുകൊണ്ട് പലതും സംസാരിക്കുകയും ചെയ്തു ഒരുപാട് സംസാരിച്ചു അതുകൂടെ സദോദരവ്യസവ്യസത്തം നിശേഷിപ്പിക്കുന്ന പോലും രംഗരാചാരി ഭക്ഷ്യത്തിലും പറയുമ്പോൾ ഇത് ഭ്രാന്തിയാണ് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ദ്രവ്യം സപ്താണ് ഭ്രാന്തി അല്ല പക്ഷെ ശങ്കരാജ് പേരെടുത്ത് പറഞ്ഞു ഒന്നും പറയുന്നില്ല പക്ഷെ ആശയത്തെ നേരിട്ടെല്ലാം വിഷയത്തിൽ ഇവിടെ ശാന്തര ഭാഷ്യത്തോടും ഇത്തരത്തിലുള്ള യോജിപ്പുണ്ട് ശങ്കരാചാര്യ ഭാഷയത്തോട് അമാനുജാചാര്യം യോഗികൾ അത്ഭുതപ്പെടാറുണ്ട് കാരണം ശങ്കരാചാര്യ എടുത്ത് പറയണം വിപരീതമായ സിദ്ധാന്തങ്ങൾ രാമാചാര്യ സഞ്ചാരികരുടെ ഭാഷത്തോട് സ്വന്തം ശിഷ്യൻ തന്നെ ജോലിയിലുണ്ട് പലരുടെ അനുസരിച്ച് സഞ്ചാരി ഒരുപാട് സ്തുതിച്ചിട്ട എന്റെ വേഗം തുടങ്ങി പക്ഷെ എന്റെ പ്രാശം തരുന്ന പലർത്തും യോജി അത് വരുന്ന ഭാഗത്തു സഭോദ്രേ കൃത്യം പൂർവാവസ്ഥാ വിരോധി അവസ്ഥാന്തര പ്രാപ്തി ആ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടോ അപരിഭാഗ്യമായ ഒന്നാണ് പൂർവാവസ്ഥ മാർഗ ഉത്തരാവസ്ഥ പ്രകടമാകുന്നത് അതാണ് പൂർവാവസ്ഥ വിരോധി അവസ്ഥാന്തര പ്രാപ്തി ജനനം മരണം എന്നും ഒരവസ്ഥയിൽ നിന്നും വേറെ അവസ്ഥയാണ് അൽപിയായി സുഖി അതുകൊണ്ട് വരുന്ന ചെറിയ ദുഃഖം ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥ അതുകൊണ്ട് വരുന്ന ചെറിയ ദുഃഖം പോലും സ്വാമി മനുഷ്യഭൂതേശു ന സംഭവ അതും മനുഷ്യായി ഭൂതവിഷയങ്ങളിൽ പ്രാണികളെ സംബന്ധിച്ച് അതിന്റെ ആവശ്യം കാരണം ഈ അവസ്ഥാന്തരപ്രാപ്തി സർവത്തിലുണ്ട് അതുകൊണ്ട് എന്താണ് മനുഷ്യ തുടങ്ങിയ ജീവികളിൽ അതിനെ സംബന്ധിച്ച് ദുഃഖിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ മനുഷ്യ ഭൂതം പറയുന്നത് സംഗ്രഹന പറഞ്ഞിരിക്കുന്ന പോലെ ജീവൻ എന്നുള്ള അർത്ഥത്തിലല്ല ശരീരം എന്നുള്ള അർത്ഥത്തിലല്ല അത് മനസ്സിലാക്കിയാലും പറഞ്ഞു പറ്റാത്തേ മനസ്സിലാക്കണം മേശ പോലെയുള്ള ഭൂതങ്ങൾ ഇതിന്റെ അവസ്ഥാന്തരം അതിനെ ദുഃഖിക്കാറില്ല അതിന് മനുഷ്യന് ദുഃഖം അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെയാണെങ്കിൽ മനുഷ്യർ ഈ ശരീരങ്ങൾ നമ്മുടെ ഭൂതം തുടങ്ങിയ ശരീരം നഷ്ടമാണ് അപ്പോ ഈ ബാഹ്യമായ ചില വസ്തുക്കൾ നശിക്കുമ്പോൾ ചില സ്ഥലം തോന്നിയിട്ട് ചിലർക്ക് ചെറിയ ദുഃഖമൊക്കെ വരും അതുപോലെ ഭൂതമാണ് മനുഷ്യ ശരീരം അതിന് വരേണ്ട കാര്യമില്ല ആ ദുഃഖം ആവശ്യമില്ലാത്ത എന്തുകൊണ്ടത് ആവശ്യമില്ലാത്തതാണ് അതെന്ന് പറഞ്ഞാൽ അവശ്യം ഭാവി അവശ്യം ഭാവിയാണെന്ന് പറഞ്ഞാൽ അപരിഹാരികളെന്ന് അവന് ദുഃഖിച്ചിട്ടുണ്ടായിരുന്നു അവൻ ദുഃഖിക്കുന്നത് അവനെ സംബന്ധിച്ചിടുന്ന അതുകൊണ്ട് ആ അർത്ഥത്തിൽ അവരുണ്ട് ശങ്കരാചാര്യ രാമാനുചാചാര്യ സി എല്ലാം ശരീര സംബന്ധിയായിട്ട് പറയും അതാ അർത്ഥം മനസ്സിലാക്കിയത് മനസ്സാണ് ശരീരങ്ങളും അതുപോലെ തന്നെയാണ് സംഭവിക്ക ദുഃഖിക്കേണ്ട കാര്യം പക്ഷെ ദുഃഖിക്കാതിരിക്കുമെങ്കിൽ തന്നെ പരിഹാരങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്തത് എന്നറിഞ്ഞാൽ ആ വിവേകം കൊണ്ട് അയാൾക്ക് ദുഃഖിക്കാതിരിക്കുന്നു അതാണ് തുടങ്ങി വയ്ക്കുകയിരിക്കുന്നത് വ്യുക്താദീനി ഭൂതാനി വ്യക്ത മധ്യാനി ഭാരതീധനീയത പരിചയ പൂർണ്ണമായും ഭൗതിക പരിണാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭൗതികമായ പരിണാമം മനുഷ്യൻ ദുഃഖിക്കേണ്ട കാര്യമില്ല അത് അവശ്യം ഭാഗ്യം ഇതാണ് ഈ പദ്യത്തിൽ പറയുന്നത് അല്ലാതെ ജീവന്റെ ജനനം മരണം ഇതെല്ലാം മനുഷ്യന് അനുഭവപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട എന്നല്ല അതാണ് സങ്കരം അതല്ല ഇതൊക്കെ അടുത്ത പദ്യത്തിൽ അത് പറയുകയും ചെയ്തു ിക്കുന്നുാധീന ഭൂതാരി മനുഷ്യാധീന ഭൂതാതി സന്ദീവദ്രവ്യമാണ് ദ്രവ്യാണി സന്ദീവ മനുഷ്യഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരം ദ്രവ്യമാണ് ആത്മാവിനെ കുറിച്ച് അദ്ദേഹം പറയാം സന്ദീവ അൽപ്പദ്രവ്യങ്ങളാണ് അനുപലബ്ധ പൂർവാവസ്ഥ ഉപലബ്ധ മനുഷ്യത്വാദി മധ്യഭാവസ്ഥ അനുപലബ്ധ ഉത്തരാവസ്ഥ ഇതെന്താ സംഭവിക്കുന്നത് ദ്രവ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ശിശുവായി ജനിക്കുന്നതിന് മുമ്പ് അനുപലബ്ധ പൂർവാവസ്ഥ ആ ശരീരം അതിന്റെ പൂർവാവസ്ഥ അനുപലബ്ധമാണ് ആർക്കും അറിയാൻ പറ്റുന്നില്ല ഒരു പൂർവാവസ്ഥറിയുന്നില്ല അത് ദ്രവ്യ സ്വഭാവമാണ് പിന്നെ ഗുലഗ്ധ മനുഷ്യത്വമായി മധ്യഭാഗമായി ഇനി അനുഭവപ്പെടുന്നതിനാണ് മനുഷ്യനായി മൃഗമായി പക്ഷിയായി ഒക്കെ അനുഭവപ്പെടുന്നത് ദ്രവ്യമാണ് ആത്മാവിന്നും നല്ല പറയുന്നത് നമ്മുടെ അനുഭവം ദുഃഖത്തിന് കാരണമായിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് പറയും അത് നമ്മളറിയാതിരിക്കുന്നത് അത് ദ്രവ്യത്തെയാണ് അറിയുന്നതും ദ്രവ്യത്തെയാണ് ാണ് ഉപലബ്ധ മനുഷ്യത്വ മനുഷ്യത്വം മൃഗത്വല്ല മദ്യഭാവാന അനുപലബ്ധ ഉത്തരാവസ്ഥ അതേ ജീവിതം തന്നെ എവിടെയോ പോകും നശിച്ചു പോകും എവിടെ ഞാൻ രൂപാന്തരം പ്രാപിക്കും അനുപലബ്ധിയാ അനുപലബ്ധ അറിയാൻ പറ്റില്ല ഉപലബ്യമിച്ചാലും നമുക്കറിയാൻ പറ്റുന്നില്ലല്ലോ കണ്ടുകൾ ഇരിക്കും മനുഷ്യന് കണ്ടില്ലെന്ന് വരുത്തുന്നതും ഉള്ള അതാണ് അനുപല ഉത്തരാവസ്ഥ ഇതെന്താ ശേഷി സ്വഭാവേഷത്തത് ഇതിനകത്ത് സ്വഭാവമാണ് പരിണാമം എന്ന് പറയുന്നത് ദ്രവ്യ സ്വഭാവം അതെന്തിനകറിയ അവശ്യം ഭാവിയായ കാര്യങ്ങൾ എന്താ ഇവിടുത്തെ ഈ വിഷയത്തെ വളരെ ലളിതമായി പറയുക അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അതിന്റെ ആവശ്യം വേണ്ടെന്നുള്ള വർഷം ചർവാകന്റെ ദൃഷ്ടിയിൽ തന്നെ മനസ്സിലാക്കാവുന്ന ആത്മാവിന്റെ അടുത്തും പോകേണ്ട കാര്യങ്ങൾ സ്വഭാവമാണ് ശേഷം സ്വഭാവം നൃത്തത്തെ രീതി ഇന്നത്തെത്ര പറ്റിയവനാണിക്കുന്നു അതുകൊണ്ട് ഇവിടെ ദുഃഖത്തിനുള്ള യാതൊരു സ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിക്കുന്നു അപരിഹാരികമായ സംഭവിക്കുന്നു ഉത്പത്തി സ്ഥിതി നാശം അത് രണ്ടും ത്ര പരിദേവനാസ് എന്ന് അത് വളരെ ലളിതമായി ഏറ്റോമിച്ച് ഏവം ശരീരാത്മവാദി നാസ്തിരോഭ നിമിത്ത ഈ ശരീരം തന്നെ ആത്മാവ് ശരീരാത്മവാദം അങ്ങനെ സാധാരണ മനുഷ്യൻ്റെ അങ്ങനെയുള്ള കഴിവാണ് ഞാൻ ജനിക്കുന്നു ഞാൻ മരിക്കുന്നു ശരീരത്തെയാണ് തരുന്നത് ശരീരത്തെത്താനായി കരുതുന്നുണ്ട് ശരീരാത്മവാദം എന്ന് വെച്ചതാണ് തന്നെ ശരീരമായി കരുതുക എല്ലാവരും അങ്ങനെ കരുത് ഈ വേദാന്തൊക്കെ പഠിക്കുന്നവരും ചിന്തിക്കുന്നവരൊക്കെ വ്യവഹാരത്തിൽ ജീവിതത്തിൽ ശരീരത്തിൽ തന്നെ ആത്മാവ് വായിക്കരുത് ഇനി ശരീരത്തിന് അപ്പുറം ഒരു ആത്മാവ് ഉണ്ടെന്നൊക്കെ അവരതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ചിന്തിക്കുവാണ് ശരീരത്തിനൊന്ന് വേട്ടൊരാത്മാവ് ജീവിതത്തിൽ ദൈനംദിന വ്യവഹാരം ഒരു മനുഷ്യർ അത് അദ്വൈതകളിൽ പോലും പറയുന്ന കാര്യമാണ് അതൊന്നും മനുഷ്യൻ ചിന്തിക്കുന്നേ ശരീരവും ആത്മാവും എന്തുവരെ തന്നെയാണ് പോകും അല്ല ശരീരം വേറെയാണ് ആത്മാവ് വേറെയാണ് രണ്ടും തമ്പില് ഉള്ള ധ്യാസം ഉണ്ടായി അവിടെ അഹംബോധമുണ്ടായി വ്യവഹാരത്തിന് മനുഷ്യന്റെ അഹംബോധത്തെ പോലും അറിയുന്നില്ല നമ്മളോട് ആരെങ്കിലും പറഞ്ഞു തരുമ്പോഴാണ് ഇങ്ങനെ ഒരു അഹംബോധമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നത് എന്തെങ്കിലും നമ്മുടെ ദൈനംദിന പ്രവൃത്തിയില്ല നമ്മള് അഹംബോധത്തെ അറിഞ്ഞുകൊണ്ടോ സ്മരിച്ചുകൊണ്ടോ ഒന്നും അല്ല പ്രവർത്തിക്കുന്നു അതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരുണ്ട് അത്തരം കാര്യങ്ങളുണ്ട് പിന്നെ എന്താണ് ഈ ശരീര ബോധത്തിൽ പ്രവർത്തിക്കും അതിനാൽ ശരീരാത്മാവാക്കുന്നു അങ്ങനെയാണെങ്കിൽ കൂടിയും നാസ്തി ഈ ശോഭനിമിത്തം ശോഭത്തിന് നിമിത്തം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത ശരീരാതിരിക്തെ ആശ്ചര്യസ്വരൂപയാക്കിയും അവിടെ ആശ്ചര്യമായിരിക്കുന്ന ആത്മാവ് ദ്രഷ്ട ഭക്ത ശ്രോണ ആയത്ത ആത്മനിശ്ചയ ദുർലഭയി ഈ ആത്മാവിനെ സംബന്ധിച്ച് അവിടെ ദ്രഷ്ടാവില്ല ഭക്താവില്ല ി ആത്മാവാണെന്ന് കേട്ടറിഞ്ഞു അതാണ് ശ്രവണായത്തം ശ്രവണത്തിന് അധീനമായ ആത്മനിശ്ചയം ആത്മനിശ്ചയം ദുർലഭം വളരെ ദുർലഭമാണ് ഈ ആത്മനിശ്ചയം ദുർലഭം എന്ന് പറയുമ്പോൾ സംബന്ധിച്ചുള്ള ഈ ചർവായകൻ വഴികളുള്ള എല്ലാവരുടെയും ആത്മനിശ്ചയം വേറെ വേറെയാണ് എല്ലാരും ഒരാത്മാവിനെ അല്ല അറിയുന്നു നമ്മളിന്ന് ഈ മാർക്കറ്റിൽ ഒരാത്മാവേ ഉള്ളൂ നമുക്ക് പക്ഷെ ദാർശനികന്മാരെ സംബന്ധിച്ചെന്താണ് ഓരോ ദാർശനികന്മാർക്കും ആത്മാവ് വേറെ വേറെയാണ് അത് എപ്പോഴും വിവാദാസ്പദമാണ് സംഘൻ പറയുന്ന ആത്മാവല്ല യോഗിയിലല്ല യോഗിയിലല്ലേ വൈകാരികന്റേതല്ല അഭിഭാഷകന്റേതല്ല ഇങ്ങനെ എല്ലാവരുടെയും മാറ്റം കൊണ്ടിരിക്കുകയാണ് ജേമിനിയുടെ അല്ല ശങ്കരാചാര്യതല്ല രാമാനുജന്റേതല്ല ഇങ്ങനെ മാറുന്നു അപ്പൊ പിന്നെ ആത്മനിശ്ചയം ഇവിടെ പറയുന്ന തരത്തിലുള്ള ആത്മനിശ്ചയം വളരെ ദുർലഭമാണ് അത് ഈ ശാസ്ത്രം വിചാരം ചെയ്യുന്ന എനിക്കത് ഇഷ്ടം ആണ് നമ്മള് വിചാരം ചെയ്തെങ്കിൽ അത് വിചാരം ചെയ്ത് അതിൽ നല്ല ഉപസ്ഥിതി ഉള്ളു മാത്രമേ ആത്മനിശ്ചയമുണ്ടനിശ്ചയവും ആത്മനിശ്ചയമേ അല്ല ഇവിടെ ഒരുപാട് പേരെന്താണ് ആത്മനിശ്ചയമുണ്ട് ആത്മസാക്ഷാത്കാരം നേടിയത് ഒരുപാട് പേരുണ്ട് മാർക്കറ്റിലെ കാര്യം ഞാൻ പറയുന്നത് ശരി അങ്ങനെ ആത്മനിശ്ചയം കൊണ്ട് നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചോദ്യമുണ്ട് എന്റെ ചോദ്യം നിങ്ങള് രാമാനുജ ആചാര്യ ആത്മാവിനെയാണോ സാക്ഷാത്കരിച്ചത് ശങ്കരാചാര്യ ആത്മാവിനെയാണോ അത് സാങ്കൃന്റെ ആത്മാവിനെയാണോ ആരുടെ ആത്മാവിനെ സാക്ഷാത്കരിച്ചു അതോ നായ വൈശേഷികമാരുടെ ആത്മാവിനെയാണോ അതോ ജൈനിയുടെ ആത്മാവിനെയാണോ അതോ നിങ്ങളിൽ നീന്തുന്ന ഡറോഹിനാണോ ഇത് ഏതാത്മാവിന്റെ കാര്യങ്ങൾ പറയും ആത്മസാക്ഷാത്കാരം പറയും അത് ഭയങ്കര ഡിമാൻഡാണ് ആത്മസാക്ഷാത്കാരം റിയലൈസേഷൻ റിലൈഫ്മെന്റ് എല്ലാവരും ഇന്ന് ഈ ആത്മസാക്ഷാത്കാരത്തിന്റെ പുത്തക അവകാശപ്പെടുന്നവരെല്ലാം നിൽക്കുന്നതിവിടെ ശങ്കരാചാര്യ പറഞ്ഞതിനോട് അടുത്താണ് ആത്മജ്ഞാനികളല്ല എല്ലാരും പറയുന്ന ആ ഒരു ആത്മസാക്ഷണിൽ അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആത്മസാക്ഷാത്കാരമാണ് എന്തുകൊണ്ട് ബാക്കിയുള്ള ഈ ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു ബോധവുമില്ല ഒരു ബോധമില്ലാതെ തന്നെ അവരെല്ലാം എന്ത് ഈ ഒരാള് പറഞ്ഞ ആത്മാവിനെ സാക്ഷാത്കരിച്ച് എന്താണ് ജ്ഞാനികളായും മൃക്കന്മാരായും വലസയാണ് എന്തുകൊണ്ട് അറിവില്ലായ്മ എത്രയോ ആത്മസാക്ഷാത്കാരം ഇവിടെ പറയുന്നതാണ് ഇവിടെ പറയുന്നത് രാമാനുജാചാര്യന്റെ ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം എൻഡൈറ്റ്മെന്റ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞ ചാടി വീഴരുത് എന്നിട്ട് സ്വയം തോന്നരുത് എനിക്കെന്തോ സാക്ഷാത്കാരമുണ്ടാകും എന്നൊന്ന് തോന്നിപ്പോയി ദുർലഭമാണോ ശരിയാണ് രാമാനുജ ഞായി പറഞ്ഞു വരുന്ന ഇതാണ് നിങ്ങൾക്ക് ഒരുപാട് ആത്മസാക്ഷാത്കാരമുള്ളവരെ കാണാൻ പറ്റും അവരെ മുട്ടിയിട്ട് വഴി കിടക്കാൻ വയ്യാതെ വരും പക്ഷെ ഇവിടെ ദുർലഭമെന്ന് രാമാനുജാൻ പറയുന്നത് എന്താണ് താൻ പറയുന്ന ഈ ആത്മസാക്ഷാത്കാരമുള്ളവരോന്നു കണ്ടു കിട്ടാൻ വളരെ പ്രയാസമാണ് വളരെ വളരെ ദുർഭം കേരളത്തിൽ എന്തായാലും വളരെ കുറവാണ് വടക്കേന്ത്യയിലേക്ക് പോയാൽ കുറച്ചുപേരെ കാണാം എന്തുകൊണ്ട് ഇവിടെയുള്ള ആർക്കും തന്നെ ഈ രാമാനുജാചാര്യെന്ന് പറഞ്ഞ് ഇതുകൊണ്ട് ആർക്കും അറിയത്തില്ല ഇവരെല്ലാവരും ശങ്കരാചാര്യ ആത്മസാക്ഷാത്കാരം കൊണ്ടു അതുകൊണ്ട് ഈ പറഞ്ഞു വളരെ ശരിയാണ് ആത്മനിശ്ചയിച്ചു പറയുന്ന ആശ്ചര്യവും പശ്യവചാഭിയേനം വേദന ജൈവ ഭാവ സേജനസമസ്തവസ്തുവിജീയതയാവസ്ഥു ജന്തുഷ മഹത തപസക്ഷീണപാപ ഉപജിതപുണ്യ കിട്ട ആശ്ചര്യവത് പശ്യതി പശി ആശ്ചര്യവത്ത് പശ്ചി ആശ്ചര്യവത്ത് എന്ന് പറയുന്നത് കൂടെ പ്രധാനപ്പെട്ട കാര്യമാണ് ആശ്ചര്യശബ്ദത്തെ എന്ന് വത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേകത്തെ ചേർത്തിരിക്കുകയാണ് തേനക്കുല്യം ക്രിയാശ്ദേ പഠിച്ചിട്ടുണ്ട് ബ്രാഹ്മണ അധീത അപ്പോ ഇത് അങ്ങനെ തുല്യാർത്ഥത്തിൽ വരുന്ന വതിപ്രത്യമാണ് ആ കാരണം ഇവിടേക്ക് പല ആചാര്യന്മാരുടെ അനു വ്യക്തി വരുമ്പോഴത്തേക്ക് ഒരർത്ഥം പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരർത്ഥം പറഞ്ഞു എന്നുള്ളതിന്റെ ഭാഷാനിയമം കൂടെ പറയേണ്ടി വരും അത്യാവശ്യം ഇല്ല ഇപ്പൊ നമ്മൾ പറയുന്നതും ബോധമില്ലാതെ നമ്മൾ പറയുന്നത് വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ബോധമില്ലാത്തവരാണ് അവിടെ ഇല്ലെന്നും ആവശ്യം വരാത്തില്ല പഴയകാലത്ത് ഭാഷ്യം പരിഹരിക്കുന്നതല്ല ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ചർച്ച ചെയ്യുന്നതുകൊണ്ടവർ അല്ല ഇത് വേറെ രീതിയിലും വരാം വരാം അങ്ങനെ വന്നാലും എന്താണ് ആശ്ചര്യവത്തം ആശ്ചര്യവത്തം എന്ന് പറയുന്നത് വതിപ്രത്യേകം തോന്നിൽ ആശ്ചര്യം പോലെ എന്നർത്ഥം വരും മതിപ്പ് പ്രത്യേകം തോന്നി ആശ്ചര്യം ഉള്ളതെന്ന് വരും ഇവിടെ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇവിടെ വതിപ്രത്യേകം തുടങ്ങി ആശ്ചര്യം പോലെ എന്നുള്ള അർത്ഥം ഉണ്ടാവും അല്ലാശ്ചര്യമുള്ളതെന്നല്ല അതാദ്യം തീരുമാനിക്കും അപ്പം ആശ്ചര്യം പോലെ നിന്റെ ആശ്ചര്യം ഇല്ല പിന്നെ ഏതം ആത്മാണെന്നും ഈ ആത്മാവെന്നൊരു ആശ്ചര്യമാണ് പലതരത്തിലുള്ളതൊരാശ്ചര്യമാണ് അത് എങ്ങനെ ആശ്ചര്യമായിരിക്കുന്നു അതും രാമാനുജനാശ്ചര്യം വേറെ ഒന്നാണ് ചന്ദരാചാര്യന്റെ ആശ്ചര്യം വേറെ ഒന്നാണ് രണ്ടൂരെ ആശ്ചര്യം വേറെ വേറെയാണ് ഒന്നല്ല ഇതെങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒന്നുള്ളതാണ് ആശ്ചര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു സ്വീകര സമസ്ത വസ്തു വിചാരിയമാണ് തന്നിൽ നിന്നും ഇതരമായ ഭിന്നമായ സമസ്ത വസ്തു സർവ വസ്തുക്കളിൽ നിന്നും വിചാരിയമാണ് ഭിന്നാണ് അതിനോടൊപ്പുന്നൊന്നുമില്ല അതിനോട് തുല്യമായിരിക്കുന്ന ഒന്നുമില്ല ആണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ആശ്ചര്യവർ അവസ്ഥിതം ആശ്ചര്യമായ ഒരു സ്ഥിതി മാത്രമാണ് അനന്തഷ അങ്ങനെ ഇരിക്കുന്നതിനെ അനേകം ജീവിതമുള്ളത് ജന്തുനിഷ ജീവിതം മനുഷ്യൻ മാത്രമാണ് അത് പൊതുവെ ഇട കാര്യങ്ങൾ ജീവികൾ ജന്തുവിനാം നര നരജന്മദുർഭം അതപ്പുംസ്തും തതോ വിപ്രത എവിടെയാണ് വിവേകിച്ചുടാം ജന്തുക്കൾ പ്രാണികളിൽ എന്താണ് നരജന്മദുർലഭം നരജന്മം എന്ന് പറയുന്നത് എന്താണ് വളരെ ദുർലഭമാണ് പഴേ ഒരു വിശ്വാസമനുസരിച്ചാണ് എന്നൊക്കെ പറയുന്നത് ആധുനിക സയൻസ് അനുസരിച്ചിട്ട് അല്ല വേണം ആധുനിക സയൻസിൽ വേഗ ജീവനായാലും അതിന് പ്രത്യേകിച്ച് സവിശേഷതയൊന്നുമില്ല ഒന്നും ദുർലഭമല്ല മനുഷ്യനായി ജനിച്ച് അതിനെന്തെങ്കിലും സവിശേഷത ഉണ്ടെന്ന് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നു പണ്ടങ്ങനെ വിശ്വസിച്ചിരുന്നു മനുഷ്യനാവുന്നതൊന്നും അത് കുംസ്തവും അതിന് തന്നെ എന്തായി ജനിക്കണം എന്താകാൻ പാടില്ല ശരിയാകാൻ പാടില്ല എന്നാണ് പറയുന്നത് ശങ്കരായഴുതി എന്ന് വിശ്വസിന്ന് കരുതുന്ന ഒന്നും ഇങ്ങനെ എഴുതി അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യാം ഇതാണ് മനുഷ്യനായി ജനിക്കുന്ന ദുർലഭമാണ് അതുപോലെ വളരെ ദുർലഭമാണെന്താ അതിൽ തന്നെ പുരുഷനായി ജനിക്കുന്നു സ്ത്രീയായി ജനിച്ചാൽ മോശമാണ് സ്ത്രീകളെല്ലാം ഇവിടെ നിന്ന് എഴുന്ന പോകണം എന്തുകൊണ്ട് അവർക്കിതൊന്നും കേൾക്കാനുള്ള അധികാരമില്ല യോഗ്യത ഇല്ല ഇതൊക്കെയാണ് പഴയ ഇതൊന്നും ഇന്ന് പറയാൻ പാടില്ല ഇന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ നമ്മളെ പശ്ചാത്തലം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പോലും പറയാൻ പാടില്ല തതോ വിപ്രത ഇനി അതും പോലെ പിന്നെ എന്താവണം പുരുഷ ബ്രാഹ്മണനാകണം പുരുഷനായാ പോലെ അതിൽ തന്നെ ആരാകണം ബ്രാഹ്മണനാണ് ഇങ്ങനെയൊക്കെയാണ് പഴയ അപ്പൊ ജന്തു ആയാപ്പോര്ട ഇതൊക്കെ പറയുമ്പോഴും ശരിക്കും അതിൽ നിന്നെ വേറെ കൂട്ടിയും കുറയ്ക്കുകയൊന്നും വേണ്ട ബ്രഹ്മാനുചാര്യം അങ്ങനെയൊന്നും പറയുന്നത് ബാക്കി എന്തൊക്കെ യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി ഏറ്റവും പ്രഥമമായ പ്രാഥമികത എന്ന് പറഞ്ഞതാണ് പ്രാണികളിൽ വെച്ച് പുരുഷനാകണം പുരുഷന്മാരിൽ വെച്ച് ബ്രാഹ്മണനാകണം എന്ന് തന്നെ പറയുന്നത് ആരും യാതൊരു സംശയമില്ല പിന്നെ അത് ഇന്നത്തെ ഈ സൂത്രന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ പറയും അതിന് ഇന്റലക്ച്വൽ ഡിസോണസ്റ്റി എന്ന് പറയും അത് എപ്പോഴും ഈ വ്യാഖ്യാതാക്ക കൂടെപ്പുറപ്പാണ് അതുകൊണ്ട് പല ദുർവ്യാഖ്യാനങ്ങളും നടത്തി ആൾക്കാരെ സമാധാനം ചെയ്യും അതുകൊണ്ടല്ല ജന്തുഷു ഇവിടെ പറയുന്നതാണ് ജീവിതത്തിൽ മഹതാ തപസ്സ വലിയ തപസ്സമുണ്ട് ക്ഷീണപാപ പാപങ്ങളെല്ലാം ക്ഷയിച്ച് ഉപചിത പുതിയ ധാരാളം ഉണ്ണിയൊക്കെ സമ്പാദിച്ച് കശ് കശ ഒരുവൻ ഏലം ഈ ആശ്ചര്യവുമായ ആത്മാവിനെ കാണുന്നു തഥാവിധ കശ് അതുപോലെയുള്ളവരുന്ന് വെച്ചാൽ അനേക പ്രാണികളെ വലിയ തപസ്സെല്ലാം ചെയ്തു പാപങ്ങളെല്ലാം ക്ഷയിച്ച് പുണ്യമൊക്കെ സമ്പാദിച്ച് ഒരുവൻ പരസ്യമെന്ന് വേറെ പറയും അറിഞ്ഞാലേ പറയാൻ പറയും ദൈവം കഷ്ടിദേവശ്വമു ഇതുപോലെ നിങ്ങൾ ഒരുപാട് തപസ് ചെയ്തു പാപം നശിച്ച് ഒരുവൻ എഴുതി കേൾക്കുന്നു ി കേശ്യ പശ്യേനം ആശ്ചര്യ പദ്ധതി തദ്വ ചാൻഗ്രഹം ആശ്ചര്യസ്ഥൈനമന്യ ശൃണോതി ശ്രുവാച്ചവ ക സുസ്വാഭിയേനം യഥാവസ്ഥ തത്വതോ നൂപത്തിലാണോ ഇരിക്കുന്നത് ആ രൂപത്തിൽ തത്വം നഗസ് ആരും അറിയത്തില്ല തത്വത്വം എന്തെങ്കിലും പറയാൻ പറ്റും തത്വത്തിന്റെ അല്ല എന്തെങ്കിലും പറയാൻ പറ്റും മുമ്പോട്ടേ മുമ്പ് ഭഗവാൻ തന്നെ പറയും മാം ഭഗവാൻ തന്നെ പറയും പിന്നെ ഇവിടെ തത്വതോ രവശ്യതേതാ പറയുന്ന എങ്ങനെ ശരിയാവും സ്വാഭ്യാനം വേദന ചെയ്തു വച്ച് വിശദേതനങ്ങനെ പിന്നെ ശരിക്കറിയില്ല തത്വതവും ഞാത്തു പറയും സങ്കരാചാര്യങ്ങനെ എന്നെ വ്യക്തി വ്യത്യാസമൊന്നും തത്തോതോ പച്ച് ശരിയായിട്ട് അറിയുക എന്തേലും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും മനസ്സിലുസരിക്കും അത് ശരിയല്ല ശങ്കരാചാര്യം പറഞ്ഞിരിക്കുന്നവയൊക്കെയാണ് എന്താണ് തത്വതന അച്ഛൻ്റെ ഏതാന്ന് പറയുന്നത് ശരിയല്ല മുമ്പോട്ട് എഴുതുമ്പോൾ ഭഗവാന്റെ എന്ന് പറയുന്നത് തത്വ തോന്നാത്തോ അതിന് ശരിയായി അറിഞ്ഞിട്ടും പിന്നെന്തെങ്കിലും എഴുതി ഉള്ളത് ശരിയല്ല എന്ന് പറയുന്നത് ശിഷ്യൻ ഗുരുവിനെ വണ്ണിച്ചെങ്കിലും അപ്പൊ പ്രശ്നം ഉണ്ടാവും എവിടെ പ്രശ്നം ഉണ്ടാവും ഈ പരമ്പരയിൽ അന്തെങ്കിലും പരമ്പരയിൽ ബാക്കി നമ്മുടെ ആചാര്യം പറഞ്ഞു കണ്ടിച്ചിരിക്കുന്നു അതങ്ങനെ ശരിയാവും പണ്ടിക്ക് ഉമ്മക്കളോട് ഏതെല്ലാം തരത്തിൽ അതിനെ അറിയാമെന്നുള്ളതായിരുന്നു അറിയുന്നു എന്ന് തന്നെ പറയും അതുകൊണ്ട് ഘടകം കഴിഞ്ഞിട്ട് അവസാനം വെച്ച് എന്താണ് വിദ്വത്ഥി അവനെ ക്ഷണഭ്യം വിദ്വാൻമാരെന്ത് ചെയ്യണം ഇതിന്റെ ഈ അഭിനയത്തെ ചെയ്യുക എന്നെ പറയാതിരുന്നാൽ പോരേ അവിനെയും പ്രദർശിപ്പിക്കാതിരുന്നാൽ പോരേ കാരണം ഒരാള് പറയുന്നത് അബദ്ധമാണെങ്കിൽ അത് അബദ്ധം തന്നെ പറയും പക്ഷെ ആചാര്യനാണ് പരമ്പരയിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു അദ്വൈതമാണ് വ്യാഖ്യാനിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഇത്ര കൂടെ പറഞ്ഞു ഇത് പണ്ടേ ഉള്ളതാണ് ഏത് ഈ സോറി പറഞ്ഞു നമുക്കൊരു സ്ഥിരം പരിപാടിയുണ്ട് സോറി തട്ടേ മുട്ട എന്താ ചെയ്താലും ഉടനെ പറയുന്നതാണ് എന്ത് സോറി ഈ സോറി പറഞ്ഞു എന്നുള്ളത് ആരും ഭാഷികാരനെ കണ്ടിട്ട് അവസാനം എന്ത് ചെയ്തു സോറി പണ്ടത്തെ സോദിയാണ് സോറി എന്ന് പറയുന്നത് ഇതൊന്നും അവിനെ ചിന്ത ഇതെല്ലാം അപ്പൊ പണ്ട് ഇത് ഉണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നു ഇവിടെ ചില മലയാളികളൊക്കെ പറയും സോറി തോന്നുന്നത് സായിപ്പന്മാർ പറയുന്നത് സോറി നമ്മളെന്തിനാ അതൊക്കെ പറയുന്നത് നമ്മുടെ കൾച്ചർ അല്ല ഇത് ഇവിടുത്തെ കൾച്ചറാണ് അതുമാത്രമല്ല പലയിടത്തും ഈ പദ്യത്തില് ശങ്കരായ മസൂദന സുരക്ഷിരുത്തിയിട്ടുണ്ട് ഇവിടെ ദൈവം വിളിച്ചിരുത്തുന്നുള്ളാരാണ് യഥാർത്ഥ ദേശീയ ൃഷ്ടാന്തയ ശങ്കരവൃത്വം യോജനാന്തരമായി ദൂഷിച്ചു ഈ ശങ്കരാചാര്യം പറഞ്ഞ് ശരിയല്ല എന്ന് പേര് പറഞ്ഞ് അദ്ദേഹം പറയുചാരി പക്ഷേ വേദാന്ത ദേശീയ പറയും ശങ്കരവൃത്തം എന്നും പറഞ്ഞു ശങ്കരം പറഞ്ഞത് ശരിയില്ല അവർക്ക് അങ്ങനെ പേടിയാണ് ശങ്കരം പറഞ്ഞ് ശരിയില്ലെന്ന് പറയാൻ സ്വന്തം പരമ്പരയിൽ പേടിയില്ല എങ്ങനെയാണ് ലഭാക്കിയുള്ളത് ഇതൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് എന്താണ് സുന്ദരരാജാരുടെ സ്ത്രീ വിരുദ്ധതയും സുന്ദരരാജാരുടെ ജാതീയതയും ശരിയെന്താണ് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വായിച്ചതിന് ശേഷമാണ് അവരുടെ ധൈര്യമാണ് അങ്ങനെ പറയാം അതെ ർക്കും പറ്റും ഞാൻ പറയുന്ന തെറ്റാണെന്ന് നിൽക്കും പറയാം തെറ്റാണ് ഇവിടുന്ന് പോയി മുറികയാക്കുക കഥകളെ ചെന്നിട്ട് പൊതു കൊടുത്താൽ പോലും നമ്പി പറയുന്നത് തെറ്റാണ് പറഞ്ഞപ്പോലെ തെളിയുകയും ഈ പറയുന്നത് തെറ്റാണ് തെളിയിച്ചഴിഞ്ഞാൽ എങ്ങനെ തെറ്റാണ് ഈ ദർശനം അനുസരിച്ചത് തെറ്റാണ് ഇന്ന് ഈ ഭാഷാശാസ്ത്രപരമായിട്ട തെറ്റാണ് ഈ താർക്കിക യുക്തി അനുസരിച്ച് തെറ്റാണ് ആ രീതി പറയുള്ളൂ അല്ല വെറുതെ തെറ്റെന്ന് പറഞ്ഞാൽ പോലും അത് ഏത് പേര് ദോഷിക്കും പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഞാൻ സമ്മതിക്കും എനിക്കെന്താ സമ്മതിക്കുന്നതിന് തെറ്റുപറ്റാത്ത ഒരാളാണ് അങ്ങനല്ല അതുകൊണ്ട് ശങ്കരഷ്ടം ഇവിടെ എന്താ വ്യത്യാസമുള്ള ശങ്കരാചത്തിന്റെ രണ്ടു തരത്തിൽ അച്ഛരിവോഖ്യാനം അച്ഛരിമുള്ള ഇതിന് എന്താ പറഞ്ഞത് അപൂർവം ചിലരെ കേൾക്കുന്നുള്ളും അറിയുന്നുള്ളും പറയുന്നുള്ളൂ എന്നാണ് പക്ഷെ ശങ്കരാചാര്യൂടെ ഒന്നുകൂടെ ചേർത്ത് എന്താണോ ഒരു വ്യാഖ്യാനം ഞാൻ പറഞ്ഞ് ഇങ്ങനെ വ്യാഖ്യാനിച്ചു ഒന്നുകൂടെ പറഞ്ഞു എന്താണോ ആശ്ചര്യം ഇതിനെ കാണുന്നവൻ ആശ്ചര്യമുള്ളവനാണ് കർത്തൃവിശേഷണമായിട്ട് പറഞ്ഞു കാണുന്നവൻ എന്താണെന്ന് വളരെ ആശ്ചര്യത്തിനവിടെ അപൂർവം എന്ന് പറഞ്ഞു അച്ഛനും അപ്പൂ അപൂർവമാണല്ലോ നമുക്ക് അത്ഭുതത്തിൽ ഉണ്ടാകും അച്ഛര്യത്തിൽ ഉണ്ടാക്കുന്ന ഇപ്പോഴും അപൂർവ വസ്തുക്കളാണ് ഓ ഇതെന്താണെന്നുള്ള ചോദ്യം എന്തായി കാണുന്നത് കാരണം അപൂർവമായി ചോദിക്കും അതുകൊണ്ട് അർത്ഥം അപ്പൊ ഇത് പറയുന്നവൻ കാണുന്നവൻ വളരെ അപൂർവമാണ് പക്ഷേ രാമാനുചാചാര്യർ അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചു രാമാനുചാര്യങ്ങനെ വ്യാഖ്യാനിച്ചാൽ ഈ ആത്മാവ് അപൂർവമാണ് എന്നാ ശങ്കരാചാര്യ ഒരു വ്യാഖ്യാനം കൂടെ പറഞ്ഞെന്താണ് ഇതിനെ കാണുന്നവൻ അപൂർവമാണ് ഇതിനെ പറയുന്നവൻ അപൂർവമാണ് ഇതിനെ കേൾക്കുന്നവൻ അപൂർവമാണ് അതുകൊണ്ട് ഇതിനെ അറിയിക്കുന്നു അതിനൊരു കർത്തൃവിശേഷണ ഈ ആശ്ചര്യമതെന്നുള്ളത് കാരണം ഈ ആശ്ചര്യമത് എന്ന് പറയുന്നത് ബതിപ്രത്യം വന്നു കഴിഞ്ഞാൽ തദ്ദേശ അസ്രവിച്ചിട്ടുണ്ട് അനുസരിച്ചിത് അഭിയമാണ് എവിടെ ചെയ്ത് ചേർക്കാം ഏതോട് ചേർക്കാം ദോഷം അതുകൊണ്ട് ആശ്ചര്യവത് കശ്ചിതെന്നും ചേർക്കാം അഭിയം ചെയ്യാം അതിനായിട്ട് ഇവിടെ പറയുന്നത് അശ്വതിരായാലും പറഞ്ഞു അത് ശരിയല്ല അങ്ങനെ പാടില്ല ഇവിടെ ശ്രോകത്തിനനുസരിച്ച് വയ്ക്കും അപ്പൊ അശ്വജ്യമായ ഇതിനെ പശി പശ്ചി ഇനി അപ്പൊ ഒരു എന്തുകൊണ്ട് ഇത് കാണുന്നവരും ഒരു അച്ഛനുമായി കൂടെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ രാമായ പരമ്പര രാജാജ്യന്മാർ പറയുന്നത് അതിന് ഞങ്ങൾക്ക് വിയോജിപ്പുന്നത് ആശ്ചര്യമായ ഈ ആത്മാവിനെ കാണുന്നവനും ഒരു ആശ്ചര്യമാണെന്ന് പറയുന്നത് ദോഷമില്ല എന്തുകൊണ്ട് അത് ആത്മാവ് ആശ്ചര്യമായതുകൊണ്ട് അപൂർവമായതുകൊണ്ട് അവനെ അറിയുന്നവരും പക്ഷെ ആശ്ചര്യവത്വം എന്ന് പറയുന്ന ആ പദത്തിനെ കച്ചു തന്നതിനോടുകൂടി അന്വയിച്ച് അങ്ങനെ ഒരർത്ഥം പറയാൻ പാടില്ല മറിച്ച് ആശ്ചര്യവത്വം എന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട് അർത്ഥ സിദ്ധമാണ് ഇതിനെ കാണുന്നവരും ഒരാശ്ചര്യമാണെന്ന് ആശയവടിക്കുകയാണെങ്കിൽ ദോഷം നമ്മൾ അന്വയിച്ച് അർത്ഥം പറയുന്നിടത്ത് ശങ്കരായ അവര് പറയുന്ന ഇതാണ് ആത്മാവാച്ഛര്യമാണ് അതിന് അപൂർവം ചെയ്യുന്ന കാണുന്ന വളരെ തപസ്സീരുവര പറ എന്നത് അർത്ഥം ഇത് കണ്ടതുകൊണ്ടായിരിക്കും മസൂരസൻസ് പറയുന്നത് അങ്ങനെയും രണ്ടും പോരാ പോരാത്ത വ്യാഖ്യാണ് ആശ്ചര്യമൊക്കെ എന്ന് പറഞ്ഞാൽ മൂന്നു നേരത്തെ എടുത്തു ഒന്നെന്താണോ ആത്മാവ് ആശ്ചര്യമാണ് രണ്ടാമതെന്താണ് ഈ കാണുന്നവന് ആശ്ചര്യമാണ് മൂന്നാമതെന്താണ് ഈ കാഴ്ച ആശ്ചര്യമാണ് നമ്മുടെ ഒരു കാഴ്ച നമ്മുടെ കാഴ്ച നിർത്തുകൾ പറയുന്ന ആശ്ചര്യമാണ് അയാളുടെ സംഭാഷണം വളരെ ആശ്ചര്യമാണ് പറയുന്നതിനെ കുറിച്ച് പറയുന്നു പറയാമല്ല സംസാരിക്കുന്നത് ആശ്ചര്യം എന്ന് പറയുന്നത് ക്രിയാവിശേഷണമായിട്ട് ഉപയോഗിക്കുക ഇപ്പൊ രണ്ടിലൊതുക്കാൻ പാടില്ല അപ്പൊ മൂന്നർത്ഥം പറയും ഏ പറയല്ലോ അവിടെ വിവേകാനന്ദ സ്വാമിയുടെ ആ സംഭാഷണം പ്രഭാഷണം ആശ്ചര്യം എന്ന് പറഞ്ഞാൽ അപൂർവം വേറെ ആൾക്കും അതുപോലെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അതാണ് ആശ്ചര്യം അത് ഞാൻ പറഞ്ഞു ആച്ചര്യം അപൂർവമായതുകൊണ്ടാണ് മറ്റൊരാൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് പറയുന്നത് ആശ്ചര്യമാണ് അതുപോലെ സാധാരണക്കാർക്ക് പറ്റും സംസാരിക്കും ഇപ്പൊ ക്രിയാവിശേഷണമായിട്ട് ഉപയോഗിക്കാം കർത്താവിന്റെ വിശേഷണമായിട്ട് ഉപയോഗിക്കാം കർമ്മത്തിന്റെ വിശേഷണമായിട്ട് ഉപയോഗിക്കാം ഇവിടെ ഏതാണ് കർമ്മം കർമ്മം എന്താണത് ആത്മാക്യങ്ങളുടെ കർത്താവ് കർമ്മം തിരിച്ചറിയണം നിരന്തരം ഈ സംസ്കൃതം തന്നെ കേട്ടോണ്ടിരിക്കും ആശ്ചര്യവത്ത് എന്ന് പറയുന്ന കർമ്മവിശേഷമായി ഉപയോഗിക്കാം കർത്തൃവിശേഷമായി ഉപയോഗിക്കാം ക്രിയാവിശേഷമായിട്ട് ഉപയോഗിക്കാം ആണ് ആരും പറയുന്നത് അപ്പൊ ബാക്കിയുള്ള വ്യാഖ്യാനങ്ങളൊന്നും അത്ര പോരാ സാമാന്യജനം പോരാ പിന്നെ ആര് പോരാ ശങ്കരാചാര്യരും കൂടുതലായിട്ട് വ്യാഖ്യാനിച്ച മറ്റുള്ളവരും പറയും അത് അതിവ്യാഖ്യാനമാണ് അതിക്രമിച്ച വ്യാഖ്യാനം എന്തിനാ അതിക്രമിച്ചു പാരമ്പര്യമായ വ്യാഖ്യാനത്തെ അതിക്രമിച്ച വ്യാഖ്യാനം പറയുന്നത് ഒന്നിലൊന്നുമില്ല അതിവ്യാഖ്യാനമൊന്നുമില്ല എന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അഭിനയ ഛന്ദവിഹ ആ വിനയമില്ലായ്മെ നിങ്ങളെന്ന് ക്ഷമിച്ചത് സോറി പ്രശ്നം തരുന്നുണ്ട് ഈ അർത്ഥം പറഞ്ഞത് പറഞ്ഞതല്ല അത് മാറ്റുന്ന പ്രശ്നമൊന്നുമില്ല വേണമെങ്കിൽ ഒരു സോറി പറഞ്ഞില്ല പറയുന്നത് മാറ്റിപ്പടിക്കുന്ന പ്രശ്നമേ ഇല്ല എന്തുകൊണ്ട് എന്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത് എന്നാരും പറയുന്നത് ഈ കാഴ്ച എന്നോട് ഒരു അത്ഭുതമാണ് ആത്മബോധം അത് എന്താണ് സരസ്വതി വാർദ്ധികം വെച്ചുകൊണ്ട് പറയുകയാണ് കാരണം കാരണം ഒരു വസ്തുത കുറിച്ച് നമ്മൾ ശബ്ദത്തിലൂടെ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ശബ്ദാർത്ഥ സംബന്ധം ഞാൻ ആന എന്ന് പറഞ്ഞാൽ ആനയെക്കുറിച്ച് അറിയണതും ആനയെന്ന് പറയുന്ന ശബ്ദവും അത് നമ്മളുടെ സമ്മന്ധജ്ഞാനം നമുക്കുണ്ടെങ്കിൽ ആനയെന്ന് കേട്ടാൽ ആനയെന്ന് പറയുന്ന ജീവിയെക്കുറിച്ചുള്ള ശബ്ദം ഞാനുണ്ടാകത്തുള്ളൂ ശക്തിജ്ഞാന നിർബന്ധമാണ് ആത്മാവ് ആത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത് ഏറ്റവും വാചോ അത് ശക്തിമായൊരു വസ്തുവല്ല ശക്തിക്ക് വിഷയമായൊരു വസ്തുവല്ല പക്ഷേ എന്നിട്ട് ആത്മബോധത്തെ കുറിച്ച ആൾക്കാർ പറയുന്നു എങ്ങനെ ശ്രവണം അഹം ബ്രഹ്മസ്തീ ബുദ്ധി ഒക്കെ ആത്മാവ് ബോധമുണ്ടാകുമെന്ന് അതിനങ്ങനെ സഹായിക്കും അതിനദ്വൈതീയ ഭംഗി പിടിച്ച വേറെ ഒരു വഴിയാണ് ജഹദ് അജഹക്ഷം എന്താണ് അത് ശബ്ദത്തിൻ്റെ മറ്റൊരു സംബന്ധമാണ് ശക്തി എന്ന് പറയുന്ന പോലെ തന്നെ മറ്റൊരു സംബന്ധമാണ് എന്താ ലക്ഷണം അപ്പൊ അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്ന ഒരാളെ രക്ഷണയിലൂടെ പത്തിനും മനസ്സിനും അതീതമായി ആത്മാവിനെ തത്വമസി കേൾക്കുമ്പോൾ അറിയുന്നു എന്നാണ് അദ്വീതകൾ പറയുന്നത് എന്നാൽ സുരേഷി രാജ്യത്തെ എന്താ പറയുക സുരേഷിന്റെ സർവസംബന്ധശൂന്യമാണ് എന്ത് ആത്മാവ് ലക്ഷണം എന്ന് പറയുന്നത് അവസാനം എന്ന് പറയുന്നത് അതൊരു സംബന്ധമാണെന്ന് പറയുന്നത് ശക്തിയെ പോലെ തന്നെ എന്താണ് സംബന്ധമാണ് ലക്ഷണം അപ്പൊ ആത്മാവ് സർവസംബന്ധ ശൂന്യമാണെങ്കിൽ പിന്നെ ലക്ഷണയിലൂടെ എങ്ങനെ ആത്മാവിനെ അറിയുന്നത് പറഞ്ഞിട്ടുള്ളത് ലക്ഷണയിലൂടെ അറിയുന്നത് സംബന്ധമാണ് കാരണം അതൊരു സംബന്ധമാണ് സംബന്ധശൂന്യമായ ഒരു സംബന്ധത്തിലൂടെ എങ്ങനെ അറിയും അപ്പൊ അതിന് സുരേഷ് പക്ഷമാണ് ഭരതാരണ്യ വാർത്തികത്തിൽ ഹൃദയം പറയുന്നതാണ് ബ്രഹ്മത്തെ ശബ്ദത്തിലൂടെ അറിയുന്നു എന്ന് പറയുന്നത് ശരിയാണ് അവിടെ ശക്തിയിലൂടെ അറിയുന്നില്ല ലക്ഷണയിലൂടെ അറിയുന്നു ശക്തി ലക്ഷണയിൽ രണ്ട് സംബന്ധത്തിലൂടെയല്ല അറിയുന്നത് സംബന്ധം കൊണ്ട് അറിയാൻ ഒക്കത്തില്ല പിന്നെ എങ്ങനെ അറിയുന്നു ശബ്ദത്തിൽ നിന്നറിയുന്നു എന്ന് പറയുന്ന എങ്ങനെ പറയുന്നത് ശബ്ദശക്തി അചിന്യത്വമാണ് ശബ്ദശക്തി എന്ന് പറയുന്നത് അചിന്തിയമാണ് അത്ഭുതകരമായ ശക്തിയുണ്ട് ശബ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അവിടെ അതെങ്ങനെയാണ് അറിയുന്നത് അതിനു പറഞ്ഞിട്ടുള്ള ഉറങ്ങിക്കിടക്കുന്നതാണ് ഉറങ്ങുകയാണ് അർത്ഥം രാമ എന്ന് പറയുന്നു രാമനാണോ ഉറങ്ങുന്നത് രാമൻ പിടികൊണ്ട് ചാടിയുണ്ട് ഇപ്പോൾ വെളി കേട്ടി ചാടി എണ്ണേന്നു ഇപ്പോ അയാൾക്ക് തന്നെയാണ് വിളിച്ചതെന്ന് അറിഞ്ഞോണ്ടായിട്ട് എഴുതി വിളിച്ചത് എന്നെയാണ് അറിഞ്ഞോണ്ട് എഴുന്നേറ്റ് ചോദിച്ച് എന്തിനാണ് വിളിച്ചത് വെറുതൊരു മുടക്കം കേട്ട് എഴുന്നേറ്റുന്നല്ലല്ല രാമായണം കേട്ടിട്ടില്ല വെടികൊട്ടി കേട്ടിട്ട് എഴുന്നേതന്നെയല്ല വെടികൊട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ചോദിക്കുന്നെ വിളിച്ചത് എന്നല്ല ചോദിക്കുന്ന എന്തായിരുന്നു ആരുടെ വെടി പൊട്ടിച്ചത് അങ്ങനെ ചോദിക്കും ഇത് അങ്ങനെയല്ല എഴുന്നേറ്റിട്ട് എന്താ ചോദിക്കുന്നത് എന്തിനാ എന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ ദാഠനിയിലായിരിക്കുന്ന അയാള് ശബ്ദം കൊണ്ട് അറിഞ്ഞു അവിടെ ശബ്ദാർത്ഥ സംബന്ധത്തിനവിടെ യാതൊന്നും ചെയ്യാൻ പറ്റും കാരണം എന്തുകൊണ്ടാണ് ശബ്ദാർത്ഥ സംബന്ധം എന്ന് പറയുന്നത് ജാഗ്രത്തിലെ പ്രവർത്തിക്കത്തും സുഹൃത്തിയിൽ ശബ്ദാർത്ഥ സംബന്ധം ഒരു സംബന്ധവും പ്രവർത്തിക്കുന്നില്ല അപ്പൊ സുഹൃത്തിയിൽ ശക്തി രക്ഷണ തുടങ്ങിയ ഒരു സംബന്ധങ്ങളും പ്രവർത്തിക്കാതിരിക്കുമ്പോഴും രാമാന്ന് വിളിച്ച് പന്ത്യുന്നു ചാടിയുണ്ട് ജാഗ്രതല്ല സുഹൃത്തിയാണ് ഒന്നാണോ ശബ്ദത്തിന് എന്തോ ഒരു ശക്തിയുണ്ട് പറയുക നിങ്ങളീ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെയും മനസ്സിലാകുന്ന പോലെയൊന്നുമല്ല കാഠനിദ്രയിൽ നിന്ന് ഒരാളെ ഉണർത്തുന്ന ശക്തിയുണ്ട് അതുപോലെ തത്വമ ചെയ്തിറങ്ങിയ വാക്യങ്ങൾ കേൾക്കുമ്പോ അജ്ഞാനം എന്ന് പറയുന്നത് വളരെ ദുർബലമായതുകൊണ്ട് എന്തുകൊണ്ട് ദുർബലമായിരിക്കുന്നു സത്താശൂന്യമാണ് വിധത്തിലുള്ള സത്തയാണ് അതുകൊണ്ട് ദുർബലമായൊരു വസ്തുവാണ് ആയതുകൊണ്ട് തത്ത് മസീന്ന് കേൾക്കുമ്പോൾ ഒരാൾ ബോധമുണ്ടാവാം അതിന് ശക്തിയിലൂടെ അല്ലെങ്കിൽ രക്ഷണയിലൂടെയൊന്നും പറയേണ്ട ആവശ്യം ഇല്ല അങ്ങനെ ഉറക്കത്തിൽ ഒരാളെ രാമാന്ന് വിളിച്ചപ്പോൾ അയാൾക്ക് ബോധമുണ്ടായതുപോലെ തത്ത് മസിന്ന് കേൾക്കുമ്പോൾ ഒരാൾക്ക് ബോധമുണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്താണ് ആ ോധം ആശ്ചര്യമുണ്ട് വളരെ ആശ്ചര്യമാണ് അവിടെയാണ് ആശ്ചര്യം എന്നുള്ളത് ഇവിടെ കേട്ടോ ഞാൻ അങ്ങോട്ട് പോയെന്നുള്ളതാണ് അപ്പോ ഈ ആത്മബോധം എന്ന് എന്താണ് നിർഗുണമായ നിരാകാരമായ ഭൗതികാതീതമായ മനസ്സിനും വാക്കിനും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അതീതമായിരിക്കുന്ന ആത്മാവിനെങ്ങനെ നിങ്ങൾക്ക് ബോധം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശ്ചര്യം ഒരു അത്ഭുതമാണ് ഏതുപോലെ ഒരു ഉദാഹരണം പറയും ഇതുപോലെ ഉറങ്ങിടക്കുന്നവൻ ശബ്ദം കേട്ടുണരുന്നത് പോലെ ഈ തത്വ തത്വമസ്ജി തുടങ്ങിയ മഹാവാക്യങ്ങൾ ദുർബലമായ ഈ അജ്ഞാനത്തെ നശിപ്പിച്ചിട്ടവന് ബോധക്കേർത്ത അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടതായിരുന്നു ഞാൻ ആത്മാവോ ആത്മാവോ ആത്മാവാണെന്ന് ധ്യാനിച്ച് നടക്കേണ്ട കാര്യമില്ല മിഥ്യ മിഥ്യ മിഥ്യ എന്ന് പറഞ്ഞിടക്കേണ്ട കാര്യമില്ല സ്വപ്നം സ്വപ്നം സ്വപ്നം ഒന്ന് ജപിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല കാരണം അങ്ങനെ അഭ്യാസങ്ങൾ നടത്തി എടുത്തു മറിക്കത്തക്ക ശേഷിയൊന്നും എന്തിനില്ല അജ്ഞാനത്ത് അജ്ഞാനത്തിന് അത്ര വലിയ പട്ടിയും ബലവുമൊന്നുമില്ല അതുകൊണ്ടെന്താണ് ബോധമുണ്ടാവും അത്ര അല്ല കേട്ടുകഴിഞ്ഞാൽ ഒരാൾക്ക് ബോധം ഉണ്ടാവും അത് അച്ഛര് ഒരു അത്ഭുതമാണ് ഇതാണ് ആര് പറയുന്നത് പറയുന്നത് അതാര് പറഞ്ഞാണ് ശരിക്കും ശരിക്കും പറഞ്ഞാലോ സുരേഷ് രാജ്യം അപ്പൊ ഇതൊരാശ്ചര്യമാണല്ലോ അപ്പോ ചിന്തകന്മാർക്ക് ദാർശനികന്മാർക്ക് എന്നാണ് ചിന്തിച്ച് ചിന്തിച്ച് അവർക്കിങ്ങനെയുള്ള പല ആശയങ്ങളും ആവിഷ്കരിക്കാൻ പറ്റും അവർക്ക് അസാധ്യമായിട്ടൊന്നും തന്നെ ഏതിനേ ദിവസവും ഈ ചിന്തയുടെ ഒരു സവിശേഷം അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ അർത്ഥമുള്ളപ്പോ ഇപ്പോൾ രാമാനുജാൻ പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ കഴിയത്തില്ല പിന്നെ എന്താണ് ആശ്ചര്യമാണ് ഈ ആത്മാവും അതിനെ പുണ്യമുള്ള ഒരുവൻ കാണും പുണ്യുള്ള ഒരുവൻ മറ്റൊരാളോട് പറയും പുണ്യുള്ള ഒരുവൻ കേൾക്കും എന്നാണ് പക്ഷെ ചെറുപ്പവാക്കും കേട്ടാലും ഇതിനെ യഥാവഥാവധവസ്ഥ അത് എങ്ങനെയാണോ ആ രൂപത്തിൽ തത്വതോ എന്നൊക്കെ ചെയ്യുക ഒരുത്തനും അപ്പൊ ഈ ഒരുത്തരും അറിയുന്നില്ല എന്ന് പറഞ്ഞ തന്നെയാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് അങ്ങനെയല്ല ഇതിനെ അറിയും തത്വത തത്വോ മാം തത്വതോ ഞാത്തോ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് പിന്നീട് എന്നെ ശരിയായി അറിഞ്ഞിട്ടെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്താണ് ഇതിന് ശരിയായി തന്നെ അറിയും എന്ന് അറിയും അവിടെയാണ് പ്രശ്നം വരുന്നത് വാക്കിലും മനസ്സിലും ഒന്നും വിഷയമല്ലാത്ത അതിനാണ് സുരേശ്വരാചാര്യ സമാധാനം പറഞ്ഞത് ആധാരമാണ് അത് ശബ്ദം കൊണ്ട് തന്നെ അറിയാം അത് ശബ്ദത്തിന്റെ അചന്ത്യമായ ശക്തി അതാണ് പറയുന്നത് പിന്നെ അതിനകത്ത് അതിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം പറയുന്നതൊക്കെ ശരിയാണ് ഉറക്കത്തിൽ വിളിച്ചാൽ നമ്മൾ ഉണരുമെന്ന് പറയുന്നത് ശരിയാണ് ഉറക്കത്ത് വിളി നല്ല ഗാഠനിദ്രയിൽ കിടക്കുമ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാവു പ്രപഞ്ചമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ച് നമ്മൾ ഗാഠനിദ്രയിലാണ് ഒറ്റ വെളിയിൽ ചാടി എന്താ വിളിച്ചതും എങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നത് ചില ചിലപ്പോൾ ശരിയാണ് ചില ആൾക്കാരെ പലവണ്ണം വിളിക്കേണ്ടി വരും പക്ഷെ ചിലര് ഒരുവണ്ണം വിളിച്ചറിഞ്ഞിരിക്കുക പല തരത്തിലാണ് ഉറക്കം പോയ തരത്തിൽ പലതരത്തിലാണ് ഉള്ളിൽ പോകുന്നത് ഉണർന്ന് കിടന്നു വന്നാണ് അതായത് നമ്മുടെ ബ്രെയിൻ ഉറങ്ങുന്നില്ല അതുകൊണ്ടാണ് സംഭവിക്കുന്നു നമ്മൾ ഉറങ്ങുന്നു പറഞ്ഞാ എന്താ സംഭവിക്കുന്നത് അവിടെ ബ്രെയിൻ റിപ്പയർ ചെയ്യാണ് ബ്രെയിനിന്റെ ഒരു റിപ്പയറിംഗ് മരക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് എന്താണ് ഉറങ്ങുന്നത് പണിയെടുത്തോണ്ടിരിക്കുന്നത് ഏർ സ്ലിപ്പിംഗ് മൂട സ്ലിപ്പിംഗ് മോഡെന്നാണ് അവർ അവിടെ ന്യൂറൽ പ്രോസസിങ് നടക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മുടെ ഈ പഴയ ദാർശനികന്മാർക്കൊന്നും യാതൊരു അറിവില്ല ബ്രെയിൻ ഉണർന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഉറക്കമെന്ന് പറയുന്നത് എന്താണ് അന്ധക്കരണം എന്തോ സംഭവിക്കുന്നതാണ് ഉറക്കം ഇത്രയേ അവർക്കറിയാം ഇവിടെ അന്ധക്കരണം അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ എന്താണ് ബ്രെയിനാണ് ഉറപ്പെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ മറ്റ് സ്ഥൂലമായ എല്ലാ പ്രവർത്തനങ്ങളെയും തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തിട്ട് ബ്രെയിൻ മെമ്മറി കൺസ്രോൾഷൻ പോലെയുള്ള പല ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ശരിയായി ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് ഇവിടെ വന്നിരുന്ന ഇതുപോലെ സംസാരിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഉറക്കം ശരിയായെങ്കിൽ എന്റെ മെമ്മറി വർക്ക് ചെയ്യുക എനിക്ക് അത് ശരിയാവുള്ളൂ കാരണം ഉറക്കത്തിലാണ് അത് ശരിയാകുന്നത് അപ്പൊ അത് ഉണർന്നിരിക്കുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു പുറമേ നിന്ന് വരുന്ന സ്റ്റിമുലസുകൾ അതിന് ഏ സമയം അത് കേവലം ഉണരുക എന്ന് പറഞ്ഞാൽ പുറമേ ഒന്നുള്ള ഒരു ശബ്ദത്തോടുള്ള ബ്രെയിനിന്റെ റിയാക്ഷൻ മാത്രമാണ് അത് സംഭവിക്കുന്നു പറയുന്നത് വേറെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇതിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത കൊണ്ടാണ് പഴയകാലത്ത് ഒരുപാട് ശ്രദ്ധാന്തങ്ങളൊക്കെ ഇതിന് ചുറ്റിൽ തെറ്റി ഉണ്ടാക്കിയതെന്ന് പറയും ആധുനികമായ പഠനങ്ങളുടെ വെളിച്ചത്തിൽ അത് മറ്റൊരു വിഷയം അത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്താണ് അമ്പമ്പട രാഭണ എന്ന് പറഞ്ഞ് അമ്പഴം പിഴികളായി വൈകി വെച്ച കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യരും ബോധമുണ്ട് കൊണ്ടാ ബോധം ഇല്ലായിരുന്നു എന്നുകൂടെ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് അങ്ങനെ അറിഞ്ഞിരുന്ന നിങ്ങൾ എന്നെ അധികം ചീത്ത വിളിക്കത്തില്ല മനസ്സിലായോ ഞാൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് അങ്ങനെയുണ്ട് അതുകൊണ്ട് ഉറക്കത്തിൽ ഒരാളാ വിളിക്കുമ്പോ എന്താണ് ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യും ഒരാൾ ഉണരുന്നു എന്ന് പറയുന്നത് ഒരു അതിശയവും ഇല്ല ഇന്നത്തെ കാലത്ത് അത്ഭുതം പക്ഷെ ബ്രെയിൻ ഒരു അത്ഭുതമാണ് ആശ്ചര്യമൊന്നും എന്തിനായി ബ്രെയിനില് അന്നും എന്ന് പറയുന്നത് ശരിയാണ് അത് വെച്ചിട്ട് ഞാൻ തള്ളിക്കളയല്ല അത് ദർശൻ ഇത് ശാസ്ത്രം അങ്ങനെയുള്ള വ്യത്യാസം അത് അങ്ങനെ പറയുമ്പോ നമ്മള് അതിന്റെ തുടർച്ച പഴയ അറിവിലല്ലേ പത്തായിരം വർഷം മുമ്പുള്ള അറിവിൽ നമ്മൾ അവിടെ നിന്നു പോയത് നമ്മൾ മുമ്പോട്ട് പോകാൻ തയ്യാറാവില്ല അല്ലാതെ സനാത്തനോ എന്ന് പറഞ്ഞാൽ അധികം ഒരു ചുറ്റി പിടിച്ചിരിക്കരുത് വരിഞ്ഞു മുറിഞ്ഞിട്ട എന്താണ് നീരാളി പിടിക്കുന്ന പോലെ പിടിച്ചിരിക്കരുത് കൊറച്ച് പിടി യൂസ് ആക്കിട്ട് കുറച്ച് മുമ്പോട്ടൂടെ കണ്ടെന്ന് ചിന്തിക്കരുത് ഓ ഇനി അത് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിക്കത്തില്ല അത് ശരിയോ